इस मनने निधि कठो वंश द्वितीय अध्याय प्रथम वये परांजि खानी मित्रनाथ स्वयंभू तस्मात् परं पश्यति नन्दरआत्मन കശി ധീര പ്രത്യത്മാനമൈക്ഷത് ആവൃത്തുരമൃതമിച്ഛൻ പരാ ചാമാണന്തി ബാളാ തേ മൃത്യുന്തി പാശം അഥ ധീരാ അമൃതവി ശബ്ദർ മൈഥുന പരിശിഷ്യത്തി सोपनिन्दम जाके गीतान्दम सो भूय एनान उपश्यति सो भूय एनान उपश्यति सखन्दमि भु आत्मनाम मत्त्वा धीरो न सोजति नैयिमं मद््वदं मेदा आत्मनाम जीवं अन्दिगात् യോ വിജഗുസത്തെ ഗുഹം പ്രവിശ്യ തിഷന്ദം യോ ഭൂതേഭ്യപശ്യത സംഭവത്തിവിശ്യ തിഷന്ത്യത്വണ്ോ ജാതവേദ दिवे ൃദോർ ദിവൃവ ഹവിഷ്മെതി സൂര്യോ അസ്തയേ മൃത്യ നാനീവ പശ്യത്തി मनसे नेह नानास्ति മനസ്സേ വേദമാേസ് മൃതോതി പശ്യത്തിഷ മധ്യാത്മനി തിഷത്തി ഈശാനോ ഭൂതഭവ്യ ജ്യോതിരിവധോമകൂതഭവ്യവൈ <Nata> ത ുർഗർമാൻ പൃഥക് പശ്യൻ് ശുദ്ധം താദൃഗേവ്വതി ർവിജാന ആത്മാവതി ഗൗതമ ബാഹ്യ വിഷയ ഉപഭോഗത്തിനായി പ്രവർത്തിക്കുന്നു അവർ മൃത്യുവിന് അധീനരായിരിക്കുന്നു സംസാര ബന്ധനത്തിൽപ്പെടുന്നു മറിച്ച് വിവേകി വയ്ക്കുന്നില്ല എല്ലാ പുത്ര വിത്ത ലോകത്തിൽ അതാണ് രണ്ടാമത്തെ മന്ത്രത്തിൽ പറഞ്ഞത് മൂന്നാമത്തെ മന്ത്രത്തിന്റെ ആമുഖമായി പറയുന്നു ഭാഷ്യം യജ്ഞ മറ്റൊന്നും തന്നെ ബ്രാഹ്മണാഹ പ്രാർത്ഥയന് ബ്രാഹ്മണ മുൻപ് പറഞ്ഞ വിവേകികൾ അവർ ആഗ്രഹിക്കുന്നില്ല പുത്രീത്ത ലോകങ്ങളെയൊന്നും ആഗ്രഹിക്കുന്നില്ല ആത്മവിജ്ഞാനം അല്ലാതെ ഇഹലോകത്തോ പരലോകത്തോ മറ്റൊന്നിനെയും ആഗ്രഹിക്കാത്ത വിവേകികൾ ബ്രാഹ്മണർ അങ്ങനെയുള്ളതായ തത് ആത്മവിജ്ഞാനം കഥം അധികമ അതിന്റെ അധികമപ്രാപ്തി ജ്ഞാനം എങ്ങനെയാണ് ഇതിച്ചി അതടുത്ത് പറയുന്നു വിവേകികൾ ഏതോ നിന്ന് മാത്രമാണോ ആഗ്രഹിക്കുന്നത് അതിന്റെ ജ്ഞാനം എങ്ങനെ നേടാം അതാണ് അടുത്ത മന്ത്രം പറയുന്നത് ഏന വിജ്ഞാന സ്വഭാവേന ആത്മനാ രൂപം രസം ഗന്ധം ശബ്ദാൻ സ്പർശാൻശ്ച മൈഥനാൻ മൈഥന നിമിത്താൻ സുഖപ്രത്യാം വിജ്ഞാനാദി സ്പഷ്ടം ജനാദി സരോ ലോകഃ ഏന വിജ്ഞാന സ്വഭാവേന ആത്മനാ ഇ ആത്മാ വിജ്ഞാന സ്വഭാവം വിജ്ഞാന സ്വരൂപമായിരിക്കുന്നു ജ്ഞാനസ്വരൂപമായിരിക്കുന്ന ഈ ആത്മാവാണ് സർവത്തെയും അറിയുന്നത് എന്തൊക്കെ അറിയുന്നു രൂപം രസം ഗന്ധം ശബ്ദം എല്ലാം അറിയുന്നു മാത്രമല്ല മൈഥന രൂപരസഗന്ധ സ്പർശങ്ങളിലൂടെ അതിൽ നിന്നും ഉണ്ടാകുന്ന അപശയാനുഭവത്തിൽ നിന്നും ഉണ്ടാകുന്ന സുഖത്തെ അനുഭവിക്കുന്നു അതുപോലെതന്നെ മൈഥുനാൻ മൈഥുനം നിമിത്തമായിട്ടുള്ള സുഖപ്രത്യുഖങ്ങളെയും സുഖാനുഭവത്തെയും അറിയുന്നു വിജാനാദി വിസ്പാതി അറിയുന്നു സർവോലോക സർവലോകരും രൂപരസാദി വിഷയങ്ങളോടൊപ്പം തന്നെ സർവസുഖങ്ങളെയും ജീവന് അനുഭവിക്കാൻ കഴിയാവുന്ന സർവ്വസുഖങ്ങളെയും സ്പഷ്ടമായി അനുഭവിക്കുന്നു സർവജീവന്മാർ സർവ ലോക അത് എന്തിനെ ആശ്രയിച്ചിട്ടാണ് ഈ ആത്മാവിനെ ആശ്രയിച്ചിട്ടാണ് പ്രസിദ്ധ ലോകാദേഹാദിപിലാമീതി ദേഹാദി സംഘാദോ അഹം വിജാനാമിജിത് സർവലോകച്ചു ആത്മാവാണ് സർവത്തെയും അറിയുന്നത് സർവത്തെയും അനുഭവിക്കുന്നത് എന്നിവിടെ മന്ത്രത്തിൽ പറഞ്ഞു ആത്മാവ് അറിയുന്നു അല്ലെങ്കിൽ ആത്മാവ് അനുഭവിക്കുന്നു എന്നുള്ളത് ആർക്കും അറിയില്ലല്ലോ എന്നിവിടെ ചോദിക്കുന്നു ദൈവം പ്രസിദ്ധി ലോകസ്യ അങ്ങനെ ലോകരറിയുന്നില്ല എങ്ങനെ ആത്മനാ ദേഹാദിവിലക്ഷണേന ആത്മനാ ഈ ദേഹത്തിൽ നിന്നും ഭിന്നനായ ഒരാത്മാവാണ് ഈ സുഖത്തെ അനുഭവിക്കുന്നതെന്ന് ആർക്കും അറിയാൻ കഴിയുന്നില്ലല്ലോ അഹം വിജാനാമി ആത്മ ദ്വാര ഞാൻ ഇതിനെല്ലാം അനുഭവിക്കുന്നു എന്നൊന്നും ആരും അറിയുന്നില്ല മറിച്ച് ദേഹാദി സംഘാതോ അഹം വിജാനാമി ഈ ദേഹാദിസംഘാതമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളും ശരീരവും കൂടി ചേർന്ന ഈ ഞാൻ ശരീര ബോധത്തോടുകൂടി വിജാനാമി അറിയുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് ഇത് സർവോലോകോ അപകച്ചത് ഇതാണ് സർവ്വ ജീവന്മാരുടെ യാനം നമ്മുടെ മന്ത്രത്തിൽ പറഞ്ഞു ആത്മാവാണ് സർവത്തെ അറിയുന്നതെന്ന് ആത്മാവ് അറിയുന്നു എന്നാരും നിവേദിച്ചറിയുന്നില്ല മറിച്ച് ഞാൻ അറിയുന്നു എന്നാണ് ഞാൻ എന്ന് പറയുമ്പോൾ അവിടെ ശരീരമാണ് അങ്ങനെ ഇരിക്കുക ഇവിടെ ശ്രുതിയിൽ പറഞ്ഞു എന്താണ് ഈ ആത്മാവ് അറിയുന്നു എന്ന് ശ്രുതിയെ വ്യാഖ്യാനിച്ചത് എന്തുകൊണ്ടെന്നാണ് അതിന് സമാധാനമായിട്ടാണ് അടുത്ത് പറയുന്നത് നതു ഏവം നിങ്ങൾ കരി കരിയതുപോലെ അല്ല നിങ്ങൾ കരുതുന്നത് പോലെ അല്ല എന്തുകൊണ്ട് ശബ്ദാദിസ്വരൂപത്വ അവിശേഷ വിജ്ഞേയത്വവിശേഷ നയുക്തം വിജ്ഞാനം പറയുന്നു ഈ അറിയുന്നത് അറിവ് ആർക്കാണിതുണ്ടാകുന്നത് ഈ ദേഹാദി സംഘാതത്തിനാണോ അറിവുണ്ടാകുന്നത് അല്ല ഈ ദേഹാദി സംഘാതത്തിന് ഇന്ദ്രിയങ്ങൾ ശരീരം എല്ലാം ചേർന്ന ഈ ദേഹാദി സംഘാതത്തിന് അറിവുണ്ടാകുന്നില്ല എന്തുകൊണ്ട് ശബ്ദാദിസ്വരൂപത്വ അവിശേഷ ഇതും ശബ്ദാദിസ്വരൂപമാണ് ശബ്ദസ്പർശ രൂപ രസഗന്ധരൂപത്തിലാണ് ഇരിക്കുന്നത് ഈ സംഘാതം അറിവ് എന്തിനെ കുറിച്ചാണ് ജീവൻ അറിവുണ്ടാകുന്നത് ശബ്ദാദി വിഷയങ്ങളെക്കുറിച്ച് ശരീരമാണെങ്കിലും അത് ശബ്ദാദി വിഷയത്തിൽ അന്തർഭവിക്കുന്നതാണ് അതുകൊണ്ട് അവിടെ ഒരു യുക്തി പറയുകയാണ് ഇത് ശബ്ദാദി വിഷയത്തിൽ അന്തർഭവിച്ചിരിക്കുന്നത് ഇതല്ല വിജ്ഞാതാവ് വിജ്ഞാതാവ് ഇതിനും അപ്പുറമുള്ളതായിരിക്കും ശബ്ദാദി സ്വരൂപത്വ അവിശേഷാത് വിജ്ഞേയത്വ അവിശേഷാത് അതുകൊണ്ട് ഇത് വിജ്ഞേയമാണ് വിജ്ഞാതാവല്ല ഇത് അറിയപ്പെടുന്നതാണ് അറിയുന്നവനല്ല അറിയുന്നവനും അറിയപ്പെടുന്നത് അങ്ങനെ രണ്ടായിത്തിരിക്കുന്നു ദൃക്കും ദൃശ്യവും ഈ ദൃക് അറിയുന്നത് ആരാണീ ശരീരമാണോ അല്ലെങ്കിൽ ശരീരസംഘാതമാണോ പറയുന്നു ശരീര സംഘാതമല്ല എന്തുകൊണ്ട് ഇവിടെ അറിവിന് വിഷയമായിരിക്കുന്ന ഇതാണ് ഈ ശരീര സംഘാതം അതും ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളിൽ പെടുന്നതാണ് അറിവിന് വിഷയമായിരിക്കുന്നത് ഒരിക്കലും അറിയുന്നവനാകുന്നില്ല ന യുക്തം വിജ്ഞാതൃത്വം ഈ സംഘാതത്തിൽ ഒരിക്കലും വിജ്ഞാതൃത്വം വരത്തില്ല ഇന്ദ്രിയം മനസ്സ് ബുദ്ധി ഇതെല്ലാം കൂടിച്ചേർന്ന അഭിരൂപാതയോ അന്യൂന്യം സ്വം സ്വം രൂപം അങ്ങനൊരു യുക്തി പറയുകയാണ് ഈ ശരീരം സംഘാതം കൂടിച്ചേർന്നിട്ട് വിഷയങ്ങളെ അറിയുകയാണ് ഇതിന്റെ പിന്നിൽ ഒരാത്മാവിന്റെ ആവശ്യമില്ല എന്നാണ് ചാരവാകന്മാരും മറ്റും പറയുന്നു അല്ലെങ്കിൽ നിരാത്മവാദികൾ ആത്മാവിനെ നിഷേധിക്കുന്നവർ ശരീരത്തിൽ നിന്നും വേറിട്ടൊരാത്മാവില്ല എന്ന് സമർത്ഥിക്കുന്നവർ പറയുന്നത് എന്താണ് ഈ ശരീര സംഘാതം കൂടിച്ചേർന്ന് ഇതെല്ലാം കൂടിച്ചേർന്ന് പ്രവർത്തിച്ചിട്ട് സർവത്തെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ സംഘാതം നശിക്കുമ്പോൾ അറിവ് നഷ്ടപ്പെടുന്നു അപ്പൊ അറിവ് ഈ സംഘാതത്തിൽ ഉണ്ടാകുന്നതാണ് സംഘാതത്തെ ആശ്രയിച്ച് നിലനിൽക്കുന്നതാണ് ഈ സംഘാതത്തെ അറിയുന്ന അറിവെന്നാണ് അതിനെ നിഷേധിക്കുന്നു അതൊരിക്കലും സാധ്യമല്ല കാരണം ഈ സംഘാതം ജഡമായിരിക്കുന്ന ശരീര ഇന്ദ്രിയ മനോബുദ്ധികൾ കൂടിച്ചേർന്നിട്ട് അതിൽ നിന്ന് അറിവുണ്ടാകുകയാണെങ്കിൽ ഈ അറിവിന് വിഷയമായിരിക്കുന്ന ബാഹ്യമായ വസ്തുക്കൾ പുറമേ ഉണ്ട് ശബ്ദസ്പർശ രൂപരസഗ ഗന്ധങ്ങൾ ഇവയും പരസ്പരം കൂടിച്ചേർന്നിട്ട് പരസ്പരം വിഷയങ്ങൾ പരസ്പരം അറിഞ്ഞേനെ എന്നാണ് എന്തുകൊണ്ട് ഇവിടെ മാത്രം സംഭവിക്കുന്നു രൂപം രസം അത് കൂടി ചേർന്നിട്ട് പുറമേ ഉള്ള ശബ്ദസ്പർശത്തെ അറിഞ്ഞേന് അങ്ങനെ പുറമേ രൂപരസഗന്ധാദികൾ കൂടിച്ചേർന്നിട്ട് മറ്റു വിഷയങ്ങളെ അറിയുന്നതായി നമ്മൾ കാണുന്നില്ല വേറെ രീതിയിൽ പറഞ്ഞാൽ ജഡവവസ്തുക്കൾ കൂടിച്ചേർന്നിട്ട് ജഡങ്ങളെ അറിയുന്നതായി നമ്മൾ കാണുന്നില്ല അങ്ങനെയാണെങ്കിൽ ബാഹ്യമായ ജഡവവസ്തുക്കൾ അനിയന്ത്രിതമായി യാതൊരു നിയമവും ഇല്ലാതെ കൂടിച്ചേർന്ന് പരസ്പരം അറിഞ്ഞുകൊണ്ടിരുന്നു വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ജഡവവസ്തുക്കളെ കൂട്ടിച്ചേർത്താലും നമ്മുടെ ജീവൻ ഉണ്ടാകണം അല്ലെങ്കിൽ ജഡവസ്തുക്കൾ കൂടിച്ചേർന്നതിൽ നിന്ന് തനിയെ ജീവൻ പ്രകടമാകും അങ്ങനെയൊന്നും കാണുന്നില്ല അങ്ങനെ ജീവൻ പ്രകടമാകുന്നതായിട്ടോ പരസ്പരം ഈ വ്യവഹാരം ഞാതൃജ്ഞാന വ്യവഹാരം ആ പ്രവൃത്തികൾ കാണുക കേൾക്ക് അറിയാതെ പ്രവൃത്തികൾ ജഡവസ്തുക്കളിൽ സംഭവിക്കുന്നതായി കാണുന്നില്ല അതുകൊണ്ട് എന്താണ് പറയുന്നത് യരി ദേഹാദി സംഘാദോ രൂപാധ്യാത്മഗസ്തൻ രൂപാദി രൂപരസന്ധങ്ങളായിരിക്കുന്ന ഈ ദേഹാദി സംഘാതം അങ്ങനെ ഇരുന്നുകൊണ്ട് കേവല ജഡങ്ങളായി തന്നെ ഇരുന്നുകൊണ്ട് രൂപാതീൻ മറ്റ് രൂപരസഗന്ധങ്ങളെ അറിയുന്നു അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ ജഡം കൂടിച്ചേർന്ന് അതിൽ നിന്ന് ചൈതന്യമുണ്ടായി ജഡത്തെ അറിയുന്നു എന്ന് കരുതിയാൽ എന്ത് സംഭവിക്കും ബാഹ്യാബി രൂപാദേവ് ഈ ശരീരം വിട്ട് പുറമേ കാണുന്ന ജഡവസ്തുക്കൾ ഭൗതിക വസ്തുക്കൾ രൂപരസഗന്ധങ്ങളെല്ലാം രൂപാതയോ അന്യൂന്യം അവ പരസ്പരം സ്വംസ്വരൂപം സ്വയവും ഇവയ്ക്കും അറിവുണ്ടായൻ ജഡത്തിലും ചൈതന്യം പ്രകാശിച്ചു അത് നമ്മൾ കാണുന്നില്ല ചൈതന്യ പ്രകാശം ജീവനിലെ കാണുന്നു ജഡത്തിൽ കാണുന്നില്ല അതുകൊണ്ട് ഈ സംഘാതങ്ങൾ കൂടി ചേർന്നിട്ട് ഒരിക്കലും ബോധം അവയ്ക്ക് സംഘാതങ്ങൾക്ക് ബോധം ഉണ്ടാകുന്നില്ല അവ പരസ്പരം അറിയുന്നില്ല സംഘാതങ്ങൾ അറിയുന്നു അതിൽ നിന്ന് ചൈതന്യം ഉണ്ടാകുന്നു എന്ന് കരുതുന്നത് ശരിയല്ല എന്ന ഏതത് അസ്ഥി ഇങ്ങനെ സംഭവിക്കുന്നതായി കാണുന്നില്ല ലോകത്തങ്ങനെ സംഭവിക്കുന്നില്ല ജടങ്ങൾ കൂടിച്ചേർന്നറിയുന്നതായി കാണുന്നില്ല തസ്മാതിലക്ഷണാൻ ആത്മന വിജാനാദി ലോക അതുകൊണ്ടെന്ത് കരുതണം ദേഹാദി ലക്ഷണാൻ രൂപാധീൻ ഈ ദേഹാദിരൂത്തിലിരിക്കുന്നു ഇവയേയും ദേഹം ഇന്ദ്രിയം മനസ്സ് ബുദ്ധി ഈ രൂപത്തിലിരിക്കുന്നതിനോട് ചേർന്ന് ബാഹ്യലോകത്തെയും രൂപാദിവിഷയങ്ങളെയും ഈ ദേഹത്തിൽ നിന്നും ഭിന്നനായിരിക്കുന്നു ഇതിനെയെല്ലാം അറിയുന്നു മനസ്സിനെ അറിയുന്നു ബുദ്ധിയെ അറിയുന്നു ഇന്ദ്രിയങ്ങളെ അറിയുന്നു സ്ഥൂലമായ ശരീരത്തെ അറിയുന്നു ബാഹ്യലോകങ്ങളെ അറിയുന്നു അതെല്ലാം എന്താണ് ഈ ദേഹാദികളിൽ നിന്നും വ്യതിരിക്തനായിരിക്കുന്ന വിജ്ഞാന സ്വഭാവീന ആത്മനാണ് കേവലം ജ്ഞാനസ്വരൂപനായ ചൈതന്യസ്വരൂപനായ ആത്മാവിനാലാണ് ഇതിനെ ഇതെല്ലാം അറിയപ്പെടുന്നത് വിജാനാദി ലോക അങ്ങനെയാണ് ജീവൻ അറിയുന്നത് ആത്മപ്രകാശം കൊണ്ട് ഇതെല്ലാം പ്രകാശിക്കുന്നു സസ്യഭാസ സർവമിതം അതിന്റെ പ്രകാശം കൊണ്ടാണ് ഈ സർവവും പ്രകാശിക്കുന്നത് ആത്മപ്രകാശത്തിലാണ് അന്നത് ഈ ജഡങ്ങൾ കൂടി ചേർന്ന് അതിൽ നിന്നൊരു ചൈതന്യം ഉണ്ടായി ആ ചൈതന്യം ഇതിനെ പ്രകാശിപ്പിക്കുന്നതല്ല എന്നർത്ഥം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഞാൻ അറിയുന്നു എന്നുള്ള ബോധമുണ്ടാവും ശരീരത്തിൽ നിന്നും ഭിന്നനായ ആത്മാവാണ് ഈ ശരീരത്തെ അറിയുന്നതെങ്കിൽ സർവരും പറയുന്ന എന്താണ് ഞാൻ അറിയുന്നു എന്നാണ് അതായത് ഈ സംഘാതത്തിൽ ആണ് ഞാൻ എന്നുള്ള ബോധം ഉണ്ടാകുന്നത് ശരീരത്തെ വിട്ടിട്ടാർക്കും ഞാൻ എന്നുള്ള ബോധം ഉണ്ടാകുന്നത് ശരീരത്തോടു കൂടിയിരിക്കുന്ന ഈ പിണ്ടത്തിൽ ഇതിലാണ് ഞാൻ എന്നുള്ള ബോധമുണ്ടാകുന്നത് അവയവങ്ങൾ കൂടിച്ചേർന്നിരിക്കുന്ന മനസ്സും ബുദ്ധിയും എല്ലാം പ്രവർത്തിച്ചു ഈ ശരീരത്തിൽ ഞാൻ എന്നുള്ള ബോധം ഉണ്ടാകുന്നു അതെന്തുകൊണ്ട് യഥാ ോഹോ ദഹതി അഗ്നി രീതി തദ് അതുപോലെയാണ് ചുട്ടു പഴുത്തിരിക്കുന്ന ലോഹം ഇരുമ്പ് ആ ഇരുമ്പ് തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളും കൈ പൊള്ളുമ്പോൾ ആൾക്കാർ പറയുന്നു ഇരുമ്പിൽ തൊട്ട് കൈപൊള്ളി എന്ന് പറയുന്നു വാസ്തവത്തിൽ ഇരുമ്പിനെ പൊള്ളിക്കാനുള്ള ശേഷിയില്ല മറിച്ച് പൊള്ളിച്ചത് ആ ഇരുമ്പിൽ വ്യാപിച്ചിരുന്ന അഗ്നിയാണ് പക്ഷെ ഇരുമ്പിൽ വ്യാപിച്ചിരിക്കുന്ന അഗ്നിയാണ് എന്നറിയാമെങ്കിലും പറയുന്നതും പെട്ടെന്ന് കരുതുന്നുണ്ടാണ് ഇരുമ്പ് പൊള്ളിച്ചു അതുപോലെയാണ് ലോഹോ ദഹതി അതുപോലെ പറയുന്നു ഞാൻ അറിയുന്നു എന്ന് പറയുന്നു വാസ്തവത്തിൽ അറിയുന്നത് ഈ കരണങ്ങൾ എല്ലാം കൂടിച്ചേർന്നിരിക്കുന്ന ശരീരമല്ല പക്ഷെ ഈ ശരീരത്തിൽ ബുദ്ധിയെ നിറത്തി പറയുന്നു ഞാൻ അറിയുന്നു അത് ലോഹോ ലോഹം ദഹിപ്പിക്കുന്നു അഗ്നിയാണ് വാസ്തവത്തിൽ ദഹിപ്പിക്കുന്നത് പക്ഷെ അതിനെ വിവേചിച്ചറിയാതെ ലോഹം ദഹിപ്പിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ് പക്ഷെ അതെന്താണ് സ്വ അഗ്നി വാസ്തു അഗ്നിയാണ് ദയിപ്പിച്ചത് അതുപോലെ ഞാൻ അറിയുന്നു എന്ന് പറയുന്ന ആരാണവിടെ അറിയുന്നത് ചൈതന്യമാണ് ഈ ജഡമോ ഈ ജഡസസംഘാതമോ അല്ല ഇതി തത്വം അതുകൊണ്ട് ഒരിക്കലും സംഘാതം കൂടിച്ചേർന്ന് അതിൽ നിന്ന് ബോധമുണ്ടായി ആ ബോധം ലോകത്തെ വിഷയങ്ങളെ അറിയുന്നില്ല മറിച്ച് ഈ സംഘാതത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ചൈതന്യമാണ് സർവത്തെയും സംഘാതത്തെ ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാലും അത് തിരിച്ചറിയുന്നില്ല അത് ലോഹോ ദഹതി എന്ന് പറയുന്നത് പോലെ ചൈതന്യമാണ് താൻ അറിയുന്നു ഈ ശരീരം അറിയുന്നു എന്ന് വിവേകമില്ലാത്തതുകൊണ്ട് കരുതിപ്പോവുകയാണ് എന്നർത്ഥം ആത്മനോ അവിജ്ഞേയം കിമത്ര അസ്മിൻ ലോകെ പരിശിഷ്യത വിജാനാദി ഈ ചൈതന്യം ആണ് സർവത്തെയും അറിയുന്നത് കിം അത്ര പരിശിഷ്യത എന്ന് പറയുന്നു ആത്മനോ അവിജ്ഞേയം ആത്മാവിന് വിജ്ഞേയം അല്ലാതിരിക്കുന്നത് ആത്മപ്രകാശത്തിൽ പ്രകാശിക്കാത്തതായിട്ട് കിം അത്ര അസ്മിൻ ലോകെ പരിശേഷിത ഈ ലോകത്തിൽ എന്താണുള്ളത് എന്നാ അറിവിന് വിഷയമല്ലാത്ത അറിവിൽ പ്രകാശിക്കാത്ത എന്താണുള്ളത് ന കിഞ്ചിത് പരിശിഷ്യത എന്ന് വെച്ചാൽ മറ്റെന്തെങ്കിലും പ്രകാശിപ്പിക്കുന്നു ഈ ജഡം പ്രകാശിപ്പിക്കുന്ന ഒരു വിഷയം അതുണ്ടോ എന്നാണില്ല ന കിഞ്ചിത് പരിശേഷിതേ സർവവും ആത്മപ്രകാശത്തിൽ പ്രകാശിക്കുന്ന സർവവും ആത്മാവിന്റെ സ്വരൂപമായിരിക്കുന്ന ആ ചൈതന്യം ആ ചൈതന്യത്താൽ പ്രകാശിപ്പിക്കപ്പെടുന്നതാണ് എന്നാണ് സർവ്വമേവ സ്വാത്മനാ വിജ്ഞയം സർവവും ആത്മാവിനാൽ അറിയപ്പെടുന്നു അറിവിനാൽ അറിയപ്പെട്ടതായിത്തീരുന്നു ജഡത്താൽ അറിയപ്പെടുന്ന ഒന്നുമില്ല സർവജടവും അറിവിനാൽ അറിയപ്പെടുന്നതാണ് സർവ്വമേവത്മനാ വിജ്ഞയം യസ്മാത്മനോ അവിജ്ഞം പരിശിഷ്യത ആത്മാവിനവിജ്ഞേതമായി ആത്മാവിന് പ്രകാശിക്കാത്തതായിശേഷ്യതേ ഒന്നും തന്നെ ശേഷിക്കുന്നില്ല ജ്ഞേയൂപത്തിലോ അജ്ഞേയരൂപത്തിലോ പ്രപഞ്ചം ആത്മാവിന് വിഷയമായിരിക്കുന്നു ചൈതന്യത്തിന് വിഷയമായിരിക്കുന്നു അറിയുന്നു അല്ലെങ്കിൽ അറിയുന്നില്ല ഏതെങ്കിലും രൂപത്തിൽ എന്ത് വരുന്നു പ്രപഞ്ചം ജ്ഞാനത്തിന് വിഷയമായി കൊണ്ടിരിക്കുകയാണ് നഗിത് പരിശേഷി അങ്ങനെ അല്ലാത്ത ഒന്നും ശേഷിക്കുന്നില്ല അങ്ങനെ ഏതൊന്നുകൊണ്ടാണോ സർവവും പ്രകാശിക്കുന്നത് ആത്മാവാണ് അതാണ് ആത്മാവ് സ ആത്മാവ് സർവജ്ഞനാണ് സർവ്വത്തെ അറിയുന്നവനാണ് ആത്മാവ് വൈത്തത് അതിനെയാണ് യമദേവൻ പറയുന്നു നിനക്ക് ഞാൻ പറഞ്ഞു തരാൻ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത് കിം തത് ഏതാണത് നജികേദൃം ഇതിനാണ് നജികേസ് ചോദിച്ചത് രമദേവനോട് നജികേസത്ത് എനിക്ക് അറിയണമെന്നാവശ്യപ്പെട്ടത് അതാണ് ദേവാദിഭിർ അവി വിചികിത്സിതം ദേവന്മാരുകൂടി അറിയാൻ ആഗ്രഹിച്ചതാണ് ദേവന്മാരായതുകൊണ്ട് ഇതിനെ അറിഞ്ഞുകൊള്ളണമെന്നില്ല നേരത്തെ പറഞ്ഞു എന്താണ് അഗ്രിയ ബുദ്ധിയ സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് ്രഹിക്കേണ്ട അതിസൂക്ഷ്മമായ തത്വമാണിത് ദേവന്മാരുകൂടി ഇതിന അറിയാനാഗ്രഹിച്ചു ധർമാതിഭ്യു അന്യത്തിൽ നിന്നും അധർമ്മത്തിൽ നിന്നും അപ്പുറമാണ് ധർമ്മധർമ്മങ്ങൾക്ക് അതീതമായിരിക്കുന്നതാണ് ഈസ്വരൂപം വിഷ്ണുഹു പരമം പദം ഇതിനെയാണ് നേരത്തെ വിഷ്ണുഹു പരമം പദം വിഷ്ണുവിന്റെ പരമപദം എന്ന് പറഞ്ഞത് യസ്മാത് പരം നാശി ഇതിനപ്പുറം അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കിയിരിക്കുന്നത് ശ്രുതി വെളിപ്പെടുത്തിയിരിക്കുന്നത് ആചാര്യന്മാർ വെളിപ്പെടുത്തിയിരിക്കുന്നത് തദ്വൈ ഇതാണ് ഇതിനെ ഈ രൂപത്തിൽ മനസ്സിലാക്കണം ഇത് പരമമായ പദമാണ് ഇതിനപ്പുറം മറ്റൊന്നുമില്ല ഇതിന് അവിജ്ഞേയമായൊന്നുമില്ല ഇത് വിജ്ഞപ്തി സ്വരൂപമാണ് ഇത് ജടങ്ങൾ കൂടി ചേർന്ന് ഉണ്ടാകുന്ന ചൈതന്യമല്ല എന്ന് മനസ്സിലാക്കണം എന്നാ രൂപം രസം ഗന്ധം ശബ്ദാൻ സ്പർശാം മൈഥുനാൻ നൈവ വിജാതി അതില് പദങ്ങളെല്ലാം സ്പഷ്ടമാണ് യേന രൂപം രസം ഗന്ധം ശബ്ദാൻ സ്പർശാൻ ച എന്നവിടെ പിരിച്ച് സ്പർശാൻ പറഞ്ഞു പദങ്ങളാണ് വൈ തത് അടുത്ത മന്ത്രം അതിസൂക്ഷ്മുർവിജ്ഞയമിരി മത്വ ഏതമേവ അർത്ഥം പുന പുനർഹ ഇത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് അതിസൂക്ഷ്മ ദുർവിജ്ഞേയം ആത്മാവ് ദുർവിജ്ഞയമായിരിക്കുന്നു വളരെ പ്രയാസപ്പെട്ട് അറിയേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ട് ഇത് അതിസൂക്ഷ്മമായതുകൊണ്ട് അതിസൂക്ഷ്മമായതുകൊണ്ട് അറിയാൻ പറ്റാത്തതല്ല ഒരിക്കലും ഇത് അറിവിന് വിഷയമാകാത്തതല്ല അവിജ്ഞേയമല്ലേ സൂക്ഷ്മമായിരിക്കുന്നതിനെ അറിയുന്നതിനുള്ള ഉപായം എന്താണ് ദുർവിജ്ഞേയം ഇതിമത്വ ഇത് ദുർവിജ്ഞേയമാണ് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതായി എന്ന് കരുതിയിട്ട് ഏതമേവ അർത്ഥം ഇതേ കാര്യത്തെ തന്നെ പുനഃ ആഹ വീണ്ടും വീണ്ടും പറയുന്നു ആദ്യ സൂക്ഷ്മമായിരിക്കുന്ന ഈ ആത്മതത്വത്തെ അറിയുന്നതിന് ഉള്ള ഒരു പ്രധാനമായ ഉപായം എന്ന് പറയുന്നത് ഇതിനെ ആവർത്തിച്ചാവർത്തിച്ച് അറിയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അതാണ് അതിൻ്റെ ഉപായമായിട്ട് നിർദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ആചാര്യസ്വാമികളും മറ്റും പറഞ്ഞിരിക്കുന്നത് ആസുക്തി രാമൃതയെ കാലം എന്ന് പറഞ്ഞിരിക്കുന്നത് ഉറക്കം വരെ മരണം വരെ ഇതിനെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്നത് നിരന്തരമായ ആത്മചിന്തനം ആത്മാനുസന്ധാനം കൊണ്ട് മാത്രമേ അതിസൂക്ഷ്മമായിരിക്കുന്ന ഇത് വെളിപ്പെടുത്തുള്ളൂ ആചാര്യസ്വാമികള് ഈ സന്യാസം എന്ന് പറയുന്ന ഒരു വഴി നിർദ്ദേശിച്ചു തന്നെ അതിന് മറ്റ് പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ സമയം കിട്ടത്തില്ല അല്ലെങ്കിൽ മറ്റ് വ്യവഹാരങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ അവന്റെ മനസ്സ് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയം കിട്ടാത്തവരും അതുകൊണ്ട് അതെല്ലാം വിട്ടിട്ട് സർവകർമ്മ സർവകർമ്മത്തെയും വിട്ടിട്ട് ഇതുതന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അതിന് സന്യാസം എന്ന് പറയുന്ന സമ്പ്രദായം തന്നെ ആചാര്യസ്വാമികൾ അതിൽ തന്നെ കൂടുതൽ ബലം കൊടുക്കുന്നു നിരന്തരമായ ആത്മാനുസന്ധാനം കൊണ്ട് മാത്രമേ അതിസൂക്ഷ്മമായിരിക്കുന്നു ഈ ആത്മതത്വ ഒരാൾക്ക് വെളിപ്പെടുത്തുള്ളൂ എന്നാണ് അതുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും പറയുന്നു അപ്പൊ ഇത് വീണ്ടും പറയുന്നത് പുനരുക്തി ദോഷമുണ്ട് എന്ന് കരുതാൻ പാടുണ്ട് സാഹിത്യത്തിനും മറ്റും എന്ന് പറയുന്ന ദോഷത്തെ പറയുന്നു ഒരു കാര്യം പറഞ്ഞതിന് ശേഷം വീണ്ടും അത് ആവർത്തിക്കുക അതെല്ലാം കാവ്യദോഷങ്ങളിലും മറ്റും പെടുന്നതാണ് പക്ഷെ ഇവിടെ അങ്ങനെ വരുന്നില്ല ഇവിടെ അങ്ങനെ ഒരു ദോഷമില്ല മറിച്ച് ഗുണമാണ് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അങ്ങനെ ആവർത്തിക്കുമ്പോൾ മനസ്സിന് വിരസത ക്ഷീണം ഇതൊന്നും വരാതെ സൂക്ഷിക്കുകയും വേണം ഉപായം ഇതൊന്നും മാത്രമേ ഉള്ളൂ മറ്റൊരുപായമില്ല ഇതിനാവർത്തിക്കുകയല്ലാതൊരു ഉപായമില്ല അതിന്റെ നിരന്തരമായ സാധന അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് വീണ്ടും ആ കാര്യത്തിൽ മറ്റൊരു തരത്തിൽ പറയും അടുത്ത മന്ത്രത്തിൽ സ്വപ്നാന്തം ജാഗരിതാന്തം ചോഭൗ ഏനാനുപശ്യതി സ്വപ്നാന്തം ഭാഷ വ്യാഖ്യാനിക്കുകയാണ് സ്വപ്നമധ്യം അതിനൊന്നുകൂടി വിശദീകരിക്കുകയാണ് സ്വപ്ന വിജ്ഞയം സ്വപ്നാന്തം എന്ന് പറഞ്ഞാൽ സ്വപ്ന വിജ്ഞയം സ്വപ്നത്തിൽ അറിയപ്പെടുന്നവ എന്നർത്ഥം അതിനെയാണ് സ്വപ്നാന്തം എന്ന് പറഞ്ഞത് സ്വപ്നത്തിൽ അറിയപ്പെടുന്ന വിഷയങ്ങൾ സ്വപ്ന വിജ്ഞേയം ഇത്യർത്ഥ അതുപോലെ ജാഗരിതാന്തം അതിനെ വ്യാഖ്യാനിക്കുന്നു ജാഗരിത മധ്യം അതിന്റെ അർത്ഥമാണ് ജാഗരിത വിജ്ഞേയം ജാഗ്രത അറിയപ്പെടുന്നവ സ്വപ്നത്തിൽ അറിയപ്പെടുന്ന പദാർത്ഥങ്ങൾ ജാഗ്രതത്തിൽ അറിയപ്പെടുന്ന പദാർത്ഥങ്ങൾ ഉഭവരത്തിലും സ്വപ്നത്തിനും അറിയപ്പെടുന്ന വിഷയങ്ങൾ സ്വപ്നത്തിലെയും ജാഗ്രതയും ഈ വിഷയങ്ങൾ ഏതൊരാത്മാവിനാലാണോ അനുപശ്യ നിരന്തരം അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇത് സർവം പൂർവ്വം ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ ഈ ജീവന്മാർ ജാഗ്രത്തിനും സ്വപ്നത്തിനും നിരന്തരം അനേക വിഷയങ്ങളെ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്തിന്റെ സഹായത്താലാണ് ഇതറിയുന്നത് ഇതറിയുന്നത് ആത്മാവ് തന്നെയാണ് അല്ലെങ്കിൽ ആത്മചൈതന്യത്താലാണ് സർവ്വവും അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ആത്മാവത്തം മഹാന്തം മഹാനായിരിക്കുന്ന സർവവ്യാപിയായിരിക്കുന്ന ും സർവത്തിനും ആധാരമായിരിക്കുന്ന ആത്മാനം തന്റെ സ്വരൂപത്തെ മത്വ അതിൻ്റെ അർത്ഥം പറയുന്നു അവഗമ്യ സാക്ഷാത്കരിച്ച് എങ്ങനെ ആത്മഭാവേന ആത്മഭാവത്തിൽ ഇതിനെ സാക്ഷാത്കരിക്കണം ആത്മാവിനെ അറിഞ്ഞാൽ ആത്മാവിനെയും ബുദ്ധി അന്യമായി അറിഞ്ഞുകളായി അത് വരാതിരിക്കാൻ വേണ്ടി പറയുന്നു സാക്ഷാത് അഹം അസ്മി സാക്ഷാത് അഹം ഈ പ്രത്യക്ഷമായി തന്നെ ഇരിക്കുന്ന അഹം പരമാത്മാഅസ്മി ഞാൻ തന്നെയാണ് ആ പരമാത്മാവ് എന്നിങ്ങനെ എന്നിങ്ങനെ അറിഞ്ഞ് ധീരോ വിവേകി നശോചതി അതിന്റെ ഫലത്ത് പറയുന്നു ദുഃഖിക്കുന്നില്ല താൻ ആത്മാവാണ് എന്നുള്ള ഈ അനുഭവം മാത്രമേ ആത്യന്തികമായ ദുഃഖ സഹായിക്കൂ എന്നാണ് അദ്വൈത സിദ്ധാന്തം കാരണം ആത്മസാക്ഷാത്കാരത്തിന്റെ ഫലം എന്താണ് ദുഃഖ നിവൃത്തിയാണ് ദ്വൈത ഏതെങ്കിലും തരത്തിലുള്ള ഏറ്റവും പരമമായ ദ്വൈത സാക്ഷാത്കാരം പോലും ദുഃഖ നിവൃത്തി ഉണ്ടാകത്തില്ല എന്നാണ് അദ്വൈതയുടെ പക്ഷം ഈശ്വരന് എത്ര മഹത്തായി ഗണിച്ചാലും ആ ഈശ്വരനെ തന്നയമായി കാണുന്നിടത്തോളം കാലം ഭേദബുദ്ധി നിലനിർത്തുന്നിടത്തോളം കാലം ദുഃഖം അവസാനിക്കത്തില്ലെന്ന് ആ ഈശ്വരനെ പ്രാപിക്കാൻ വേണ്ടിയുള്ള ദുഃഖം ആ ഈശ്വരനെ പ്രാപിക്കാത്തത് കൊണ്ടുള്ള ദുഃഖം പലതരത്തിലും ദ്വേദബോധമുള്ളിടത്തോളം കാലം ദുഃഖം നിലനിക്ക് അതുകൊണ്ട് എന്താണ് സാക്ഷാത് അഹമസ്മി പരമാത്മാ ആ പരമാത്മാവായി ുന്നത് താൻ തന്നെയാണ് എന്നുള്ള ആ ബോധം അത് മാത്രമേ ദുഃഖത്തെ അവൻ പിന്നീട് ദുഃഖിക്കുന്നില്ല എന്നാണ് അതാണ് മഹാന്തം വിഭു ആത്മാനം ഇത് ശങ്കരാചാര്യർ കൃത്രിമമായി പറയുന്നതല്ല മഹാനും വിഭുവുമായിരിക്കുന്ന ആത്മാനം തന്നെ എന്നാണ് തന്നെ പരിച്ഛന്നനായി കാണുന്നു അത് താനാണ് മഹാൻ ആയിരിക്കുന്നത് താൻ തന്നെ വിഭു സർവ്വവ്യാപിയായും സർവാധാരമായും ഇരിക്കുന്നത് താൻ തന്നെ അതിനെയാണ് പരമാത്മാവെന്ന് പറയുന്നത് അങ്ങനെയുള്ള തന്നെ സാക്ഷാത്കരിച്ചിട്ട് ധീരൻ ദുഃഖത്തെ നിന്നും മോചിക്കുന്നു എന്നാണ് അപ്പൊ ശ്രുതിയുടെ അക്ഷരങ്ങളെ അതേപടി വ്യാഖ്യാനിച്ച് തന്നെയാണ് ഈ അദ്വൈത സിദ്ധാന്തത്തെ ആചാര്യസ്വാമികൾ സമർത്ഥിച്ചിരിക്കുന്നു അല്ലാതെ തന്റേതായെന്തെങ്കിലും ജീവൻ ആ പരമാത്മാവ് തന്നെയെന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി മറ്റെന്തെങ്കിലും കൂട്ടിച്ചേർത്തിട്ടില്ല ഈ ഭാഗങ്ങളിലെല്ലാം അത് വളരെ സ്പഷ്ടമായി തന്നെ പറയും ആ പരമാത്മാവ് തന്നെയാണ് ഈ ജീവഭാവത്തിലിരിക്കുന്നത് ഈ ജീവനെ ആ പരമാത്മാവായിട്ട് തന്നെ അറിയണം എന്നുള്ളത് ശ്രുതി തന്നെ വ്യക്തമാക്കുന്ന കാര്യമാണ് ഭാഷകാരൻ വിശദീകരിക്കുന്നു എന്നേ ഉള്ളൂ അങ്ങനെ അറിഞ്ഞിട്ട് ഒരുവൻ അതിന്റെ ഫലമായി പറയുന്നു ദുഃഖത്തിൽ നിന്ന് മോചിതനായിത്തീരുന്നു അവന് ദുഃഖമില്ല എന്നാണ് സ്വപ്നാന്തം ജാഗരിതാന്തം മഹാന്തം വിഭും ആത്മാനം ഈ മന്ത്രം വളരെ സരളമാണ് സ്വപ്നാന്തം ജാഗ്രതാന്തം ച ഉഭവടെ ചേർത്തെഴിഞ്ഞിരിക്കുന്നു ചോഭൗ എന്ന് തിരിച്ചെടുക്കുമ്പോ ച അതുപോലെ മഹാന്തം വിഭം ആത്മാനം ധീരീ കിഞ്ച മാത്രമല്ല എന്നുവെച്ചാൽ മുമ്പ് പറഞ്ഞ കാര്യങ്ങളെ തന്നെ മറ്റൊരു തരത്തിൽ പറഞ്ഞ് ദൃഢപ്പെടുത്തുകയാണ് മധം വേദന ജീവമന്തിക ഈശാനം ഭൂതഭവ്യ തോ വിജഗുസത്തെ തന്ദ് കി ഏതൊരുവനാണ് ഏതെങ്കിലും ഒരുവൻ മധ്വതം മധുവിനെ അധിക്കുന്നവൻ മധ്വതൻ എന്ന് പറഞ്ഞ എന്താണ് കർമ്മഫല ഭുജം കർമ്മഫലത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവൻ ദ്വാസർജ സഖായ എന്ന് പറയുന്ന മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മഫലഭു ജീവം ജീവൻ കർമ്മഫലത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവനായ ഈ ജീവനെ എന്ന് വെച്ചാൽ സുഖദുഃഖങ്ങളെ അനുഭവിച്ചു ഈ ജീവന് എങ്ങനെ സമൂഹം പ്രാണന്മാർ ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ഇതാണ് പ്രാണാദികലാപം ഇവയെ ധരിച്ചിരിക്കുന്നവൻ ധാരൈതാരം ഇതിനെയെല്ലാം ആരാണോ നിലനിർത്തിയിരിക്കുന്നത് അതാണ് ആത്മാവ് ഇവയല്ല പ്രാണനും മനസ്സും ബുദ്ധിയും ഒന്നും ആത്മാവല്ല ഇവയെല്ലാം നിലനിർത്തിയിരിക്കുന്നത് ഏതൊന്നിന്റെ സാന്നിധ്യത്തിലാണോ ഇതെല്ലാം സേതനവത്തായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് ധാരയിതാവ് അതിനെ ആത്മാനം വേദ അതിനെ തന്റെ സ്വരൂപമായി ആരാണോ അറിയുന്നത് വിജാനാദി ാരാണ് ഇതിനെ അറിയുന്നത് തന്റെ സ്വരൂപത്തെ അറിയുന്നത് എങ്ങനെ അന്തിക അന്തികെ സമീപേശം ഈശൻ എന്ന് പറഞ്ഞ എന്താണ് ഈശാനം ഈശിതാരം ഭരിക്കുന്നവൻ എന്നാണ് എന്തിനും ഭൂതഭവ്യസ്യ ഭൂതഭാവി വർത്തമാനം മൂന്ന് കാലത്തെയും നിയന്ത്രിക്കുന്നവൻ അങ്ങനെ മൂന്ന് കാലത്തെയും നിയന്ത്രിക്കുന്നവനായിരിക്കുന്ന ആളെയാണ് നമ്മൾ പരമാത്മാവെന്ന് പറയുന്നത് അതിനെ എങ്ങനെ അറിയുന്നു അന്തികെ സമീപേ അമീപത്തിൽ അറിയും തന്റെ ഏറ്റവും സമീപം പറയുന്നത് തന്റെ തന്നെ സ്വരൂപം തന്നെ അപ്പൊ കാലത്രയത്തെയും നിയന്ത്രിക്കുന്നവനായ ഈശ്വരൻ ആയിരിക്കുന്നത് തന്റെ വാസ്തവ സ്വരൂപം തന്നെ എന്നറിയുന്നവൻ തതഹ തദ്ജ്ഞാന ആ വിജ്ഞാനം കൊണ്ട് ഊർധ്വം അത്ര ഒരു ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ തന്റെ സ്വരൂപമായിരിക്കുന്ന ആത്മാവിനെ വിജുഗുപ്സതേ ഗോപായുധം ഇച്ഛതി പിന്നെ ആത്മാവിനെ രക്ഷിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല ഗുപുരക്ഷണെ ആത്മാവിനെ പിന്നീട് അവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആത്മാവിനെ അറിഞ്ഞുകഴിഞ്ഞാൽ ആത്മാവിനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് ആരാണ് ആത്മാവിന് അപകടം സംഭവിക്കുമെന്ന് കരുതുന്നവനാണ് എന്നുവെച്ചാൽ ഭയമുള്ളവനാണ് ഭയമുള്ളവനാണ് തന്നെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് തന്റെ രക്ഷയെ ആഗ്രഹിക്കുന്നു ഇവിടെ എന്താണ് ഭയം നശിക്കുന്നു അവൻ ഭയം നശിക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ അവൻ തന്നെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് എന്ന ഗോപായുധം ഇച്ചതി തന്നെ രക്ഷിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ട് അഭയപ്രാപ്തത്വം അവൻ അഭയത്തെ പ്രാപിച്ചിരിക്കുന്നു ഭയം എന്ന് പറയുന്നത് ജീവനിൽ സഹജമായിരിക്കുന്നു നിരന്തരം അവൻ ഭയന്നുകൊണ്ടിരിക്കുന്നു തന്റെ നാശത്തെ തന്റെ രക്ഷയെ ആഗ്രഹിക്കുന്നു തന്റെ നാശത്തെ ഭയക്കുന്നു പറയുന്നു ഈ അതിനുവേണ്ടിയിട്ടാണ് ഈശ്വരനെ ആശ്രയിക്കുന്നത് തന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവൻ ഈശ്വരനെ ആഗ്രഹിക്കുന്നു തന്നെ രക്ഷിക്കാൻ കഴിവുള്ള ഒരാളാണ് ഈശ്വരൻ എന്നുള്ള വിശ്വാസം തനിക്ക് എന്തുകൊണ്ട് രക്ഷ വേണ്ടിവരുന്നു താൻ ഭയക്കുന്നതുകൊണ്ട് താൻ പരിച്ഛന്നനാണ് നശിക്കുന്നവനാണെന്ന് കരുതി തന്റെ നാശത്തെ അല്ലെങ്കിൽ തന്റെ വ്യയത്തെ ഏതെങ്കിലും തരത്തിലുള്ള തന്റെ ന്യൂനതകളെ ഭയക്കുന്നു ഭയക്കുന്നതുകൊണ്ടാണ് തന്നിൽ നിന്നും അന്യനായി ഈശ്വരനെ തന്റെ രക്ഷകനായി സ്വീകരിക്കുന്നത് ഈശ്വരനെ ആശ്രയിക്കുന്നതെല്ലാം പക്ഷെ പറയുന്നെന്താണ് കാലത്രയത്തിനും ഈശാനനായിരിക്കുന്ന കാലത്രയത്തെ നിയന്ത്രിക്കുന്നവനായിരിക്കുന്ന പരമാത്മാവ് തന്റെ സ്വരൂപം തന്നെ നിറയുന്നവൻ പിന്നെ തന്നെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി അന്യനായിരിക്കുന്ന ഒരു ഈശ്വരനെ ആശ്രയിക്കുന്നില്ല എന്നുകൊണ്ട് അഭയപ്രാപ്താരണത്തിനകുന്നു തന്റെ സ്വരൂപ സാക്ഷാത്കാരം കൊണ്ട് നീ അഭയത്തെ പ്രാപിച്ചിരിക്കുന്നു അഭയത്തെ അവൻ പ്രാപിച്ചിരിക്കുന്നു ഭയമധ്യസ്ഥ അനിത്യം ആത്മാനം മന്യതെ താവത് ഗോപായുധം ഇച്ഛതി ആത്മാനം ഒരുവൻ തന്നെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു തനിക്ക് അന്യനായൊരു രക്ഷകൻ വേണമെന്ന് കരുതുന്നു സർവശക്തനായ ഒരു ഈശ്വരൻ തന്നെ രക്ഷിക്കാൻ വേണമെന്ന് കരുതുന്ന എന്തുകൊണ്ട് യാവീ ഭയമധ്യസ്ഥ അനിത്യം ആത്മാനം മന്യതേ താൻ അനിത്യനാണ് യത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ് തനിക്ക് നഷ്ടങ്ങളും നാശങ്ങളും വരും എന്ന് കരുതുന്നവൻ അങ്ങനെ കരുതുന്നിടത്തോളം കാലം ഗോപായുധമിച്ചതി തന്നെ രക്ഷിക്കാൻ ആത്മാനം തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി അവൻ ശ്രമിക്കുന്നു താൻ നശിക്കുന്നവനാണെന്ന് അവൻ ഭയക്കുന്നു തന്റെ നാശത്തെ ഭയന്ന് തന്റെ രക്ഷയെ രക്ഷകനെ അന്വേഷിക്കുന്നു യഥാദു എപ്പോഴാണോ നിത്യം അദ്വൈതം ആത്മാനം വിജാനാതി നിത്യമായിരിക്കുന്ന ദ്വൈതരഹിതമായിരിക്കുന്ന ആത്മാനം തന്റെ സ്വരൂപത്തെ അറിയുന്നത് തന്റെ വാസ്തവ സ്വരൂപത്തെ നിത്യമായി നാശമില്ലാത്തതായി ഏകമായി എപ്പോഴാണോ അറിയുന്നത് തഥാ അങ്ങനെ അറിയുമ്പോൾ കിം കഹ ആര് എന്തുകൊണ്ട് എങ്ങനെ ഗോപായ് മിച്ച് രക്ഷിക്കാൻ ആഗ്രഹിക്കും തന്റെ രക്ഷയെക്കുറിച്ച് ഒരുവൻ എങ്ങനെ ചിന്തിക്കാൻ കഴിയും കഴിയത്തില്ല എന്നർത്ഥം ൂർവം അങ്ങനെയുള്ള ഒരു തത്വത്തെയാണ് ഞാൻ നിനക്ക് മനസ്സിലാക്കി തരുന്നത് അവിടെ ദ്വൈത ലേശം പോലുമില്ല അങ്ങനെ ഇല്ലാത്തതായ ഒരു തത്വം തന്റെ യഥാർത്ഥ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന ആ ജ്ഞാനത്തെയാണ് നിനക്ക് ഞാൻ ഉപദേശിച്ചു തരുന്നത് എന്നാണ് യമദേവൻ നജീസിനോട് പറയുന്നത് അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഭയമില്ലാതാകുന്നു അപ്പോ തത് എന്നാ വിജഗുപ്തേ എന്ന് പറഞ്ഞാൽ അവൻ പിന്നീട് ഭയക്കുന്നില്ല എന്നാണ് എന്റെ താല്പര്യം അപ്പൊ ഭയത്തെ ഇല്ലാതാക്കുന്ന ആത്മവിജ്ഞാനം അതാണ് ഇവിടെ ഉപദേശിക്കുന്നത് കാരണം യമം യമദേവൻ എന്ന് പറയുന്നത് ഭയത്തിന് കാരണക്കാരനാണ് സർവ്വരെയും ഭയപ്പെടുത്തുന്നതാണ് യമദേവൻ യമം നാശം കാലം അത് നാശത്തെ സൂചിപ്പിക്കുന്നതാണ് അങ്ങനെയുള്ള യമദേവൻ ഇവിടെ ഉപദേശിക്കുകയാണ് എന്താണോ അങ്ങനെ യമനെ ഭയക്കേണ്ട കാര്യമില്ല ആത്മാവ് നിത്യമാണ് ആത്മാവ് സർവവ്യാപിയാണ് അത് തന്നെ പരമാത്മാവായി നിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നത് ആ പരമാത്മാവിനെ അറിയുന്നവൻ പിന്നീട് ഭയക്കുന്നില്ല ഒന്നിനെയും അവന് ഭയക്കേണ്ട ആവശ്യമില്ല എന്നാണ് അതുകൊണ്ട് ഈ കർമ്മഫലം കർമ്മഫലഭോക്താവായിരിക്കുന്ന ജീവന് തന്റെ സ്വരൂപത്തെ അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നീട് ഭയത്തിന് അവകാശമില്ല എന്നുള്ളതാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് ആത്മാനം ജീവം അന്തിക ഈശാനം ഭൂതഭവ്യ തോ വിജുഗുസത്തെ ഈ മന്ത്രത്തിന്റെ അർത്ഥവും വളരെ സ്പഷ്ടമാണ് യേദത്മാനം ജീവം അന്തികാ എവിടെയെങ്കിലും സന്ധിയില്ല ഈശാനം ഭൂതഭവ്യസ കഴിഞ്ഞ മന്ത്രത്തിൽ രണ്ട് മന്ത്രങ്ങളിലും പറഞ്ഞെന്താണ് പ്രത്യേകാത്മാശ്വരഭാവന നിർദ്ദിഷ്ട ആ പ്രത്യേകാത്മാവിനെ തന്നെയാണ് തനിക്ക് ഉള്ളിൽ സർവാധാരമായിരിക്കുന്ന ആ പ്രത്യേകാത്മാവിനെ തന്നെയാണ് ഈശ്വരനാണെന്ന് പറയുന്ന നിർദ്ദേശിച്ചത് അത് തന്നെയാണ് കാലത്രയത്തിനും ഈശ്വരനായിരിക്കുന്നതെന്ന് പറഞ്ഞു അത് തന്നിൽ മാത്രമല്ല സ സർവാത്മാ സർവ്വജീവന്മാരിലും ഇങ്ങനെ സംഭവിക്കുന്നത് സർവാത്മാവായിരിക്കുന്നു ഈശ്വരന്റെ സർവ്വവ്യാപകത്വം വിത്തിയത് ദർശി അക്കാര്യമാണ് അടുത്ത മന്ത്രത്തിൽ എന്നാണ് ഭാഷ്യകാരൻ പറയുന്നു എ പൂർവം തപസോജാതൃ പൂർവം അജായത ഗുഹം പ്രവീശ്യക്ഷന്ത യോ ഭൂദേശ്യതന്വൈ ത तपसु കിന്മുമുക്ഷുരുമുക്ഷു മോക്ഷേച്ചു പൂർവം പ്രഥമം തപസോ ജാതിലക്ഷണുത്പന്നിരണ്ഗർ കേക്ഷ്യ പൂർവമ അഭ്യ പൂർവം അപ്സൈതേഭ്യ പഞ്ചഭൂതോ നെയലാഭ്യോ ഇവിടെ ഹിരണ്യഗർഭനെ കുറിച്ചാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് ഒരു തപസ്സെന്ന് പറഞ്ഞെന്താണ് ബ്രഹ്മത്തിൽ നിന്നും ജാതം ആ ബ്രഹ്മം അങ്ങനെയുള്ളതാണ് ജ്ഞാനാദി സ്വരൂപത്തോടു കൂടിയാണ് സച്ചിദാനന്ദ സ്വരൂപത്തോടു കൂടിയതാണ് അതുകൊണ്ടാണ് അതിനെ തപസ് എന്ന് പറഞ്ഞത് എപ്പൂർവം തപസ്സോ ജാതം തപസ്സിൽ നിന്നും ഉണ്ടായത് ജ്ഞാന രൂപത്തിലുള്ള പരബ്രഹ്മത്തിൽ നിന്നും ഉണ്ടായത് ഈ ചെയ്ത ജാതം ഉത്പന്നം ആദ്യമുണ്ടായത് അപും പറഞ്ഞിട്ടുണ്ട് കാരിബ്രഹ്മം കാരണ ബ്രഹ്മത്തിൽ നിന്നും ആദ്യമുണ്ടായ കാര്യ ബ്രഹ്മം അതിനാണ് ഇവിടെ ഹിരണ്യഗർഭൻ എന്ന് പറയുന്ന ഹിരണ്യഗർഭൻ അതാണ് ആദ്യമുണ്ടായത് പ്രഥമജൻ പ്രഥമജീവൻ എന്ന് നാം പറയുന്നു നിയന്താവ് സർവലോകത്തിന്റെ നിയന്താവായിരിക്കുന്ന ഹിരണ്യഗർഭൻ കിം അപേക്ഷപൂർവം അതിനപൂർവം ഉണ്ടായതെന്ന് പറഞ്ഞു മുമ്പുണ്ടായതെന്ന് പറഞ്ഞു എന്തിനേക്ഷ മുമ്പുണ്ടായത് വിദ്യഹ അദ്ഭ്യ പൂർവം അജായത അദ്ഭ്യന്ന് പറഞ്ഞാൽ എന്താണ് അഭ്യപൂർവം അപ് സഹിതേഭ്യ പഞ്ചൂഭൂതേഭ്യ പഞ്ചഭൂതങ്ങൾക്ക് മുമ്പിലുണ്ടായത് പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടിക്കു മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത് ഹിരണ്ഗർഭൻ നോ അഭ്യപ്രായ ജലമുണ്ടായതിനു മുമ്പ് എന്ന് വ്യാഖ്യാനിക്കരുത് അപ് ജലം ആ ജലത്തിനു മുമ്പ് ഉണ്ടായത് നന്ദമറിച്ച് പഞ്ചഭൂതങ്ങൾക്ക് മുമ്പുണ്ടായത് എന്ന് വ്യാഖ്യാനിക്കുന്നു എന്ന് മനസ്സിലാക്കാം അതാണ് അദ്ദേഹപൂർവം അജായതീ പഞ്ചഭൂത സൃഷ്ടിക്കുമുമ്പ് സൃഷ്ടിക്കപ്പെട്ടവനായ ഹിരണ്യഗർഭൻ അതാണ് തപസപൂർ ജാതം എന്ന് പറഞ്ഞ ആ ബ്രഹ്മത്തിൽ നിന്നും തപസ്സെന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മം എന്നാണ് അർത്ഥം ആ ബ്രഹ്മത്തിൽ നിന്നും ആദ്യം ഉണ്ടായത് പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടിക്കുമ്പുണ്ടായത് അജായത ഉത്പന്നഹസ്ഥം ൃദയാകാശം പ്രവിശ്യ തിഷ്ഠന്തം ആ ഹിരണ്യഗർഭൻ തന്നെയാണ് പിന്നീട് സർവസൃഷ്ടികളും നടത്തിയത് എങ്ങനെ ഉത്പാദ്യ ഉത്പാദ്യ ദേവാദി ശരീരങ്ങളെ നിർമ്മിച്ചു ദേവമനുഷ്യാദി ശരീരങ്ങളെ സൃഷ്ടിച്ചു സർവപ്രാണി ഗുഹാം ഹൃദയാകാശം പ്രവശ്യ സർവപ്രാണികളുടെയും ഹൃദയാന്തർഭാഗത്ത് ശരീരമധ്യത്തിലുള്ള ഹൃദയാന്തർഭാഗത്ത് ഹൃദയാകാശം പ്രവശ്യ ഹൃദയാാന്തർഭാഗം അതിനാണ് ഹൃദയാകാശം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹൃദയത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ച് തിഷ്ഠന്ധം നിലനിന്ന് ശബ്ദാദീൻ ഉപലഭമാനം ജീവഭാവത്തിൽ ശബ്ദാദികളെ ഗ്രഹിച്ച് ഭൂതേഭി ഭൂതൈഹി കാര്യകരണലക്ഷണൈഹി സഹതിഷ്ഠന്ത കാര്യകരണങ്ങളോടുകൂടി നിലനിൽക്കുന്ന ഇവനെ അതായത് പരബ്രഹ്മത്തിൽ നിന്നുണ്ടായ ഹിരണിഗർഭരൂപത്തിൽ അതുകഴിഞ്ഞാണ് പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചത് സർവ്വജീവശരീരങ്ങളെയും സൃഷ്ടിച്ചു ആ ശരീരമധ്യത്തിൽ ഹൃദയ അന്തർഭാഗത്ത് പ്രവേശിച്ചു ഇതെല്ലാം ഒരു പരമാത്മാവ് അങ്ങനെ പ്രവേശിച്ചു നിൽക്കുന്ന തിഷ്ടന്തം ഈ പരമാത്മാവിനെ യഹ വിപശ്യത യഹ പശ്യതി ഏതൊരുവനാണോ കാണുന്നത് ഈ ഏവം പശ്യതി ഇങ്ങനെ ആരാണോ അറിയുന്നത് അവൻ ആ പരമാത്മാവിനെ അറിയുന്നു എന്നാണ് ആ പരമാത്മാവ് എങ്ങനെ ഈ ജീവഭാവത്തിൽ എത്തിച്ചേർന്നു എന്നാണ് ഇവിടെ പറയുന്നത് ആദ്യം എന്ത് ചെയ്തു ആ പരമാത്മാവ് ഹിരണ്ഗർഭരൂപത്തിലായി പഞ്ചഭൂതങ്ങളുടെയെല്ലാം സൃഷ്ടികർത്താവും സർവശരീരങ്ങളുടെയും സൃഷ്ടികർത്താവുമായ ആ ഹിരണ്യഗർഭനായി മാറി അതുകഴിഞ്ഞവയെല്ലാം സൃഷ്ടിച്ചു സൃഷ്ടിച്ചിട്ട് തന്നാൽ സൃഷ്ടിക്കപ്പെട്ട ആ പ്രാണി ശരീരങ്ങളുടെ ഹൃദയത്തിന് ഉള്ളിൽ പ്രവേശിച്ചു അവിടെ ജീവഭാവത്തിൽ കടന്ന് ശരീര ഇന്ദ്രിയങ്ങളോടുകൂടി സ്ഥിതി ചെയ്യുന്നു അങ്ങനെ സ്ഥിതി ചെയ്യുന്ന ആരാണോ ആ പരമാത്മാവ് തന്നെയാണ് ഈ ജീവഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഏവം ബശി അവൻ ആ പരമാത്മാവിനെ അറിയുന്നു എത്തത് പ്രകൃതം ബ്രഹ്മ അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന പരമാത്മാവ് എന്നാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് ആ പരമാത്മാവ് എങ്ങനെ ജീവാത്മാഭാവത്തിലെത്തി അങ്ങനെ എത്തിയിട്ടും എന്തുകൊണ്ടത് പരമാത്മാവായി തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത് അവനാ പരമാത്മാവിനെ അറിയുന്നു അല്ലെങ്കിൽ ആ പരമാത്മാവിനെയാണ് ഞാനിവിടെ നിനക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത് എന്നാണ് എന്നാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് यह पूर्वं अध्यपूर्वं अजायता യൂത്തസോ ജയത ഗുഹം यह पूर्वं യൂ തപസാ തപസിൽ നിന്നും ഉണ്ടായത് തപസ് ശബ്ദത്തിന്റെ പഞ്ചമിയാണ് തപസഹ തപസ്സിൽ നിന്നും ഉണ്ടായത് തപസ്സെന്ന് പറഞ്ഞു ഇവിടെ പരമാത്മാവ് അർത്ഥം അദ്വം ആപ എന്ന ശബ്ദത്തിന്റെ പഞ്ചമിയാണ് അദ് പൂർവം അജായത പഞ്ചഭൂതങ്ങൾക്ക് മുമ്പ് ഗുഹം പ്രവിശ്യ തിഷന്തം യൂശ്യ ചാന്ദസ പ്രയോഗമാണ് ഏതത് വൈ തത് ആ പരമാത്മാവിന് തന്നെയാണ് തധിന സമ്പവതി അതിർദി ഗുഹം പ്രവിശ്യ തിഷന്തേ്യത്വി ഏതൊന്നാണോ സർവദേവതാസ്വരൂപിണിയായിരിക്കുന്നത് ആര ഈ ഹിരണ്യഗർഭനാണ് സർവ്വദേവതാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് കാരണം സർവ്വദേവതകളുടെയും ശരീരത്തെ സൃഷ്ടിച്ച് അവയിലെല്ലാം ആത്മാവായി വർത്തിച്ചത് ഈ ഹിരണ്യഗർഭനാണ് പരമാത്മാവിന്റെ മായാശക്തി കൊണ്ട് പ്രഥമമായി പ്രകടമായ ആ ഹിരണ്യഗർഭൻ എന്ന് പറയുന്ന തത്വം അത് സർവദേവതാശരീരങ്ങളെയും സൃഷ്ടിച്ച് സർവദേവതാസ്വരൂപനായിരിക്കുന്നു എന്നാണ് സർവദേവദാത്മിക അങ്ങനെയിരിക്കുന്ന പ്രാണേന ഹിരണ്യഗർഭരൂപേണൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹിരണ്യഗർഭനം നടത്തും പ്രാണശബ്ദത്തിനും മറ്റും പല സന്ദർഭങ്ങളും പല അർത്ഥവും പറയും ഇവിടെ ഹിരണ്യഗർഭനം നടത്തും പ്രാണേന ഹിരണ്യഗർഭരൂപേണ് പരസ്മാത് ബ്രഹ്മണ സംഭവതി പരമാത്മാവിൽ നിന്നുണ്ടായി അത് തന്നെ എന്തു ചെയ്യുന്നു ദേവതാരൂപത്തിലായി ജീവഭാവത്തിലായപ്പോ എന്ത് ചെയ്യുന്നു ശബ്ദാധീനം അതനാ അതിഥി അതിന അതിഥി എന്ന് പേര് വന്നു ശബ്ദാദി വിഷയങ്ങളെ അധിക്കുന്നതുകൊണ്ട് ഭുജിക്കുന്നതുകൊണ്ട് അറിയുന്നതുകൊണ്ട് വിഷയങ്ങളെ അറിയുന്നതുകൊണ്ട് ആ ഹിരണ്യഗർബന്ധന് ജീവഭാവത്തിൽ വന്നു വിഷയങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിന് അതിഥി പേര് വന്നു താം പൂർവ് ഗുഹാ പ്രവിശ്യ തിഷ്ഠന്തി അതായത് ആ പരമാത്മാവ് തന്നെയാണ് ഈ ജീവഭാവത്തിൽ വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിന് ഓരോ തരത്തിൽ പറയുന്നത് ജീവാമ പരമാത്മ ഏകത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഏതു തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാലും ആ പരമാത്മഭാവത്തിൽ തന്നെ ജീവൻ എത്തിച്ചേർന്നു അതിനുവേണ്ടിയിട്ടത് മറ്റൊരു തരത്തിൽ പറയുകയാണ് ഗുഹാമ്പ്രവിശ്യ തിഷ്ടന്തിയും ആഹിരണ്ർഭൻ തന്നെയാണ് വിഷയങ്ങളുടെ അർത്താവായി അനുഭവിക്കുന്നവനായി വിഷയങ്ങളെ ഈ ഹൃദയഗുഹയിൽ ജീവഭാവത്തിൽ പ്രവേശിച്ചിരിക്കുന്നു തിഷ്ടന്തി അതിഥിം താമി അതിനെ വീണ്ടും വിശേഷിപ്പിക്കുകയാണ് ഭൂദേഹി സമന്യത അത് ഈ ഭൂതങ്ങളോട് കൂടി ചേർ ഭൂതങ്ങളോട് താതാന്യപ്പെട്ട് ഉത്പന്നമായതാണ് ഈ ജീവൻ ആദ്യം അത് ഹിരണ്യഭാവ ഗർഭരൂപത്തിലുണ്ടായി ഭൂതങ്ങളെ സൃഷ്ടിച്ചു അത് ഹൃദയഭാഗത്തെ ശരീരത്തിൽ ഈ ഭൂതങ്ങളോട് താതാന്മ്യപ്പെട്ട് അതാണ് ഭൂദേഹി സമന്യത അതിനോട് താതാത്മ്യപ്പെട്ട് ഉത്പന്നമായിരിക്കുകയാണ് അത് പഞ്ചഭൂതങ്ങളോട് താതാത്മ്യപ്പെട്ട് പഞ്ചഭൂതാത്മകമായി ജീവഭാവത്തിൽ അത് സ്ഥിതി ചെയ്യുന്നു എന്നത് അതത് ആ പരമാത്മാവ് തന്നെയാണ് എന്നർത്ഥം അപ്പോൾ ഇവിടെ അതിനെ അതിഥിയായി വിഷയങ്ങളുടെ ഭോക്താവായി ഈ മന്ത്രത്തിൽ വ്യക്തമാക്കി വിഷയങ്ങളുടെ അനുഭോക്താവായി ഇരിക്കുന്നത് അത് പരമാത്മാവല്ല എന്നാരും ധരിക്കരുത് വിഷയങ്ങളുടെ ഭോക്താവായിരിക്കുക എന്ന് പറഞ്ഞാൽ സുഖ ദുഃഖങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആ പരമാത്മാവ് എങ്ങനെ സുഖദുഖങ്ങളെ അനുഭവിക്കും ആ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നവൻ പരമാത്മാവാകാമോ അതിന് സമാധാനമായിട്ടാണ് ഇവിടെ പറയുന്നത് തന്നെ അത് തന്നെയാണ് സർവ്വദേവതാമയനായിരുന്നത് പക്ഷേ ഇപ്പോൾ അത് തന്നെയാണ് ഈ ജീവാത്മഭാവത്തിൽ വിഷയങ്ങളെ അനുഭവിക്കുന്നത് പഞ്ചഭൂതങ്ങളോട് താരതമ്യപ്പെട്ടിരിക്കുന്നത് അത് തന്നെയാണ് അങ്ങനെയുള്ള പരമാത്മാവിനെയാണ് ഞാൻ നിനക്ക് ഉപദേശിച്ചു തരുന്നത് ഏതദ്വൈ സഭവതി അതിർവത ഗുഹാ പ്രവിശ്യ തിഷന്തിർജയ ഏതാ സംഭവതിന്ധി വന്നിരിക്കുന്നു ഗുഹാ പ്രവിശ്യ തിഷന്തി ഭൂതേ ഭിത ഭൂദേ മാത്രമല്ല ആ പരമാത്മാവ് ജീവഭാവത്തിൽ മാത്രമല്ല സ്ഥിതി അതാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത് निहितो അരണ്ോർനി ജാതവേത ഗർഭിവുഭൃ ഗർഭിണീവ യൂഢ്യോ ജാഗ്രവദ് ഹർമുഷ്യേഗ് तद യോ അധിയായിരിക്കുന്നത് യജ്ഞത്തിന് സർവാധാരമായിരിക്കുന്ന അഗ്നി അധിയജ്ഞൻ എവിടെ ശരിയുന്നു ഉത്തര അധര അരണ്യോ ഉത്തരാധര അരണികളിൽ യജ്ഞത്തിന് വേണ്ടി അഗ്നി കടഞ്ഞെടുക്കുന്ന ആ ഉത്തര അധര അരണികളിൽ അരണിക്ക് രണ്ട് ഭാഗമുണ്ട് മേൽഭാഗം താഴ്ഭാഗം അരണികളിൽ നിഹിതമായിരിക്കുന്നവൻ സ്ഥിതമായിരിക്കുന്നത് കാരണം അവിടെ നിന്നാണ് അഗ്നി പ്രകടമാകുന്നത് മുൻകാലങ്ങളെ അങ്ങനെയാണ് ജാതത്തിന് അഗ്നിയെ പ്രകടമാക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ സ്ഥിതി ചെയ്യുന്നവൻ അധിയജ്ഞനാണ് ജാതവേദ എന്ന് പറഞ്ഞാൽ എന്താണ് അഗ്നി അഗ്നിയുടെ പര്യായമാണ് ജാതവേതസ് പു ഭുജിക്കുന്നവൻ ഹവിസ് അഗ്നിയിലാണ് അർപ്പിക്കുന്നത് അത് അതിൽ ഭസ്മമാവുന്നു അത് അഗ്നി ആ ഹവിസ്സിനെ ഭുജിക്കുന്നതായി കൽപ്പിച്ചിരിക്കുകയാണ് ഇത് അധിയജ്ഞം യജ്ഞദേവതാരൂപത്തിൽ ആണിത് പറഞ്ഞത് ഇനി അധ്യാത്മം ഈ ശരീരവുമായി ബന്ധപ്പെടുത്തി പറയുന്നു ആ അഗ്നിയെ തന്നെ അധ്യാത്മഞ്ച യോഗ യോഗികളാൽ ഉപാസിക്കപ്പെടുന്ന അഗ്നി ഈ ശരീരത്തിലിരിക്കുന്ന അഗ്നി പ്രാണൻ എങ്ങനെ ഈ ഗർഭിവ ഗർഭിണി ഗർഭിണികൾ എങ്ങനെയാണോ ഗർഭത്തെ സംരക്ഷിക്കുന്നതുപോലെ അന്തർവത്നി ഭീ अंत गर्भिणी गर्भिणी अगर्हित अोजनादिना युद्ध सुष्टु सम्यभृद आगर्हितिंद्य निषिद्धाय अपानी പഥ്യമായ ആഹാരങ്ങൾ മാത്രം സേവിച്ചുകൊണ്ട് തുടങ്ങിയ മറ്റ് ജീവനെ സംരക്ഷിക്കുന്നതിനു വേണ്ട ഗർഭസ്ഥനായ ജീവനെ സംരക്ഷിക്കുന്നതിനു വേണ്ട പഥ്യ ആചരണത്തോടുകൂടി യഥാ എപ്രകാരമാണോ ഗർഭൃതായി രക്ഷിക്കുന്നത് ലോക ഗർഭിണികൾ ഇതുപോലെ എത്ര കരുതലോടെയാണോ ജീവന് ഗർഭിണി സംരക്ഷിക്കുന്നു നിലനിർത്തുന്നത് യോഗികളും ഹവിസിന് അർപ്പിക്കേണ്ട അഗ്നിയെ സംരക്ഷിക്കുന്നു യോഗികൾ പ്രാണനെ സംരക്ഷിക്കുന്നു യോഗിഭിഷ്ടസുഭൃത യോഗികളും ഭംഗിയായി രക്ഷിക്കുന്നത് സംരക്ഷിക്കുന്നത് എന്നർത്ഥം കൃത്തിക്കുകൾ ആ അഗ്നിയെ യാഗത്തിന് വേണ്ടി അതിനെ സംരക്ഷിക്കുന്നു യോഗികൾ അവരുടെ ഉപാസനയിലൂടെ ആ പ്രാണനെ സംരക്ഷിക്കുന്നു ഇത് രണ്ടും എന്താണ് ഈ പ്രാണനും ആ അഗ്നിയും രണ്ടും ആ ഹിരണ്യഗർഭന്റെ പ്രകടമായ രൂപമാണ് എന്നാൽ ദിവേ സദാ പ്രതിദിനം അഹനി അഹനി ഉണർന്നിരിക്കുമ്പോഴെല്ലാം ഈഢ്യഹ സ്തുത്യഹ വന്ധ്യസ്ഥ സ്തുത്യനായിരിക്കുന്നവൻ ആർക്ക് കർമ്മിഭർ യോഗിഭിച്ച അധ്വരെ ഹൃദയിച്ച കർമ്മികളും യോഗികളും രണ്ടു കൂട്ടരേയും പറയുകയാണ് കർമ്മികൾ നിരന്തരം സ്തുതിക്കുന്നു അഗ്നിദേവന് അഗ്നിയെ പ്രതീകമാക്കി ആ ഹിരണ്യഗർഭനെ അല്ലെങ്കിൽ പരമാത്മാവിനെ സ്തുതിക്കുന്നു യോഗികളാണെങ്കിലോ അവരെ ഹൃദയത്തിൽ നിരന്തരം ഉപാസിക്കുന്നു ആ പരമാത്മാവിനെ പ്രാണരൂപത്തിൽ അതാണ് കർമ്മിഭിർ അധ്വര കർമ്മികൾ അധ്വരത്തിൽ ഹൃദയത്തിലും രണ്ടുപേരുപാസിക്കും ആ പരമാത്മാവിന്റെ തന്നെ പ്രകടമായ ഭാവമാണ് അഗ്നി അതുകൊണ്ട് ഈ കർമ്മികൾ യാഗത്തിലൂടെ ആ അഗ്നി അഗ്നിദേവനെ ഉപാസിക്കുന്നു അതുതന്നെ ബാഹ്യമായി വേദിയിൽ പ്രകടമാകുന്നത് അഗ്നിരൂപത്തിൽ മായി ഹൃദയത്തിൽ പ്രകടമാകുന്നു പ്രാണന്റെ രൂപത്തിൽ ഹൃദയച്ച ഹൃദയത്തിൽ യോഗികളതിന് ഉപാസിക്കുന്നു ധ്യാനിക്കുന്നു ജീവഭാവത്തിൽ പ്രാണഭാവത്തിലെല്ലാം ഉപാസിക്കുന്നു എങ്ങനെയുള്ളവർ ജാഗ്രശീലബദ്ധി അപ്രമത്തെത്തിയത് ജാഗ്രവത്തുക്കളായ കർമ്മികളും യോഗികളും ജാഗ്രവത്തായിരിക്കുക എന്ന് പറഞ്ഞ എന്താണ് ജാഗരണശീലബദ്ധി ഉണർന്നിരിക്കുന്നവർ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അപ്രമത്തെ ഹി പ്രമാവിക്കാത്തവർ വീഴ്ച സംഭവിക്കാത്തവർ എന്നറി തന്റെ കർമ്മത്തിൽ അല്ലെങ്കിൽ തന്റെ ഉപാസനയിൽ യാതൊരു വീഴ്ചയും പറ്റാത്തവർ പ്രമാദം എന്ന് പറയുന്നത് വീഴ്ചകൾ സംഭവിക്കുന്നതിനാൽ പ്രമാദം എന്ന് പറയുന്നത് അബദ്ധങ്ങൾ പറ്റുന്നു അങ്ങനെ പറ്റാതിരിക്കുന്നവർ ജാഗ്രത എന്നുവച്ച ഉണർന്നിരിക്കുക എന്ന് പറയുന്നത് യാതൊരു തെറ്റു കുറ്റങ്ങളും പറ്റാതെ അവരുടെ സാധനയിൽ മുഴുകിയിരിക്കുന്ന യോഗികൾ ആ കർമ്മങ്ങൾ പൂർത്തിയാക്കുന്ന കർമ്മികൾ എന്നാണ് അവരെങ്ങനെയുള്ളവർ ഹവിഷ്മി ആജാതിമദ് ഭീ കർമ്മികൾ എന്ത് ചെയ്യുന്നു ഹവിഷ്മത്തുക്കളായിരിക്കുന്നു യാഗ ഉപകരണങ്ങളോടുകൂടിയവരായിരിക്കുന്നു സദാ യാഗസന്നദ്ധരായിരിക്കുന്നു ാണ് ഹവിഷ്മി ആജ്യാദി നെയ്യ് തുടങ്ങിയ യാഗത്തിനുപയോഗ യോഗ്യമായ വസ്തുക്കളോടുകൂടി നിരന്തരം യാഗനിഷ്ഠയിലിരിക്കുന്നു യോഗികളാണെങ്കിലോ ധ്യാന ഭാവനയിലിരിക്കുന്നു ഏകാഗ്രഭാവന അതാണ് ധ്യാനഭാവന ഏകാഗ്രമായ ഉപാസനയിലവരിയ്ക്കുന്നു മനുഷ്യ മനുഷ്യ മനുഷ്യരാൽ ഈ അഗ്നി ഈ അഗ്നി സ്തുത്യഹ വന്ധ്യഹ കർമ്മികളും ഉപാസകന്മാരും യോഗികളും രണ്ടുപേരും ഈ അഗ്നിയെ സ്തുതിക്കുന്നു ആ ഹിരണ്യഗർഭൻ തന്നെ പ്രകടമായതാണ് ഈ അഗ്നി രൂപത്തിൽ അതിന്റെ ഏറ്റവും പ്രകടമായ ബ്രഹ്മത്തിന്റെ പ്രപഞ്ചത്തിലുള്ള ഭൌതികമായ ഏറ്റവും പ്രകടമായ വസ്തുവാണ് അഗ്നി തിന് അതിന്റെ സ്വഭാവമുണ്ട് അതും പ്രകാശത്തെ തരുന്നതാണ് അതുതന്നെയാണ് മുഖ്യമായ സമാനതത്തെ തരുന്നു ഇരുട്ടിനെ നശിപ്പിക്കുന്നു ധൂർധ്വഗതിയുള്ളതാണ് ഇതെല്ലാം പരമാത്മ സ്വഭാവമാണ് ഹിരണിഗർഭന്റെ സ്വഭാവമാണ് അതുകൊണ്ട് ഈ അഗ്നിസ്തുത്യമാണ് സ്തുതിക്കപ്പെടേണ്ടതാണ് യോഗികൾ അതിന് ഹൃദയത്തിൽ സ്തുതിക്കുന്നു കർമ്മികൾ അതിനെ ബാഹ്യമായി യാഗവേദിയിൽ അതിനെ സ്തുതിക്കുന്നു ഏത്വൈ തദ്വ പ്രവൃതം ബ്രഹ്മ ഈ ബ്രഹ്മത്തെ തന്നെയാണ് ഞാൻ നിനക്ക് വിശദീകരിച്ചു തരുന്നത് ആ ബ്രഹ്മം തന്നെയാണ് ഈ രൂപത്തിൽ ഇതും കാണിക്കുന്ന എന്താണ് ബ്രഹ്മത്തിന്റെ സർവ്വവ്യാപിത്വത്തെ കാണിക്കുകയാണ് ആ ബ്രഹ്മം തന്നെയാണ് ആദ്യം ഹിരണ്യഗർഭനായി അത് തന്നെ അഗ്നിയായി വേദിയിൽ വന്നു ഹൃദയത്തിൽ അത് പ്രാണനായി വന്നു കർമ്മികൾ അതിനെ സ്തുതിക്കുന്നു യോഗികൾ അതിനെ വന്ദിക്കുന്നു അതിനെ ധ്യാനിക്കുന്നു അങ്ങനെയുള്ള ബ്രഹ്മത്തെയാണ് ഞാൻ നിനക്ക് മനസ്സിലാക്കിത്തരുന്നത് എന്നാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് അരണ്യോർനിഹിതോ ജാതവേ ദർഭൈവ സുഭൃതോ ഗർഭിണീഭീവേ ദിവ ഈഢ്യോ ജാഗ്രവദ്ഭീ സപ്തമി രണ്ടെണ്ണുള്ളത് കൊണ്ട് അരണിമേളിലും താഴെയുണ്ട് അതുകൊണ്ട് അരണ്യോ നിഹിതേദാതേ സകാരാദശ്ദോ ജാതവേതീ രണ്ടാമത്തെ ഏകാരം സന്ധിയിൽ പോയി ദിവ ഈഡ്യ ാണ് ഉണർന്നിരിക്കുന്നവൻ ഹവിഷ്മിഷ്മാൻവിഷ്മ ജാഗ്രമദ്ഹിന്ന് മൂന്ന് പദങ്ങളാണ് അഗ്നിഹി ചോദ്യമുണ്ട് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ആത്മാവിനെ അറിയുവാൻ അതിസൂക്ഷ്മമായ ബുദ്ധി വേണമെന്ന് പറഞ്ഞു എന്നാൽ ബുദ്ധിയില്ലാത്ത ഒരാൾക്ക് ആത്മ സാക്ഷാത്കാര സാധ്യമല്ല എന്നാണ് അങ്ങനെ ബുദ്ധിയുടെ പ്രാധാന്യം ഒന്നുകൂടി വിശദമാക്കി തരണം ബുദ്ധി ഇവിടെ പറയുന്നുണ്ട് ശ്രുതി എന്ന് പറയുന്നു ഇനി അടുത്തും വരും മനസ്സായവ ആപ്തവ്യം മനസ്സുകൊണ്ട് തന്നെ ഇതിനറിയണമെന്ന് പറയും ദൃശ്യ അത് ശ്രുതി എന്ന് പറയുന്നു ബുദ്ധിയുണ്ടെങ്കിലേ അറിയാൻ പറ്റൂ അങ്ങനെ വ്യക്തമായി പറഞ്ഞിരിക്കെ ബുദ്ധി ഇല്ലാത്ത ഒരാൾക്ക് ഇതിനറിയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ സാധ്യമല്ല ബുദ്ധിയുണ്ടെങ്കിലേ അതറിയാൻ പറ്റൂ പക്ഷെ ആ ബുദ്ധി പറയുന്നത് സാധാരണ ഭൗതികമായ വിഷയങ്ങളെ ഗ്രഹിക്കുന്നതിനുള്ള സാമർഥ്യമല്ല ഭൗതിക വിഷയഗ്രഹണ സാമർഥ്യം എന്ന് പറയുന്നത് രജോ കാര്യമാണ് രജോ ഗുണത്തിന്റെ കാര്യമാണ് ഇതങ്ങനെയല്ല സാത്വികമായ ബുദ്ധിയാണ് സൂക്ഷ്മമായ ബുദ്ധി എന്ന് പറയുമ്പോൾ ഏകാഗ്രമായ ബുദ്ധി സാത്വികമായ ബുദ്ധി രാഗദ്വേഷങ്ങളൊന്നും ഇല്ലാത്ത ബുദ്ധി ആ ബുദ്ധി എങ്ങനെയുള്ളത് ആത്മഭാവന ആത്മാകാരമായ ബുദ്ധി അത് ആത്മാവിനെ ഗ്രഹിക്കുന്ന ബുദ്ധിയെന്ന് പറയുന്നത് ആത്മവിജ്ഞാനമാണ് അപരോക്ഷ അനുഭവത്തെയാണ് അവിടെ ബുദ്ധി എന്ന് പറയുന്നത് ആ ബുദ്ധി അതിനഗ്രഹിക്കുന്നതാണ് അല്ല സാധാരണ നമ്മുടെ ബുദ്ധിയെ എന്തെങ്കിലും അഭ്യാസം കൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ടതാക്കി അങ്ങനെ ആ ബുദ്ധി കൊണ്ട് ആത്മാവിനെ അറിയാൻ കഴിയും എന്നുള്ള അർത്ഥത്തിലുള്ള പറയുന്നു അല്ലെങ്കിൽ ലോകവ്യവഹാരങ്ങളിൽ ഗ്രന്ഥ ഗ്രഹണ സാമർഥ്യത്തിനും ഉള്ള മേധാശക്തി ആ മേധാശക്തി കൊണ്ട് ആത്മാവിനെ അറിയുന്നുണ്ട് മേധയാശ്രുതേന മേധ കൊണ്ട് ഇതിനറിയാൻ പറ്റത്തില്ല ബുദ്ധി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ധരിക്കുന്നത് മേധയാണ് ഗ്രഹണശക്തി ധാരണാശക്തി അതിനുണ്ട് അവിടെ ഇത് ആത്മാകാരമായ ബുദ്ധി അതിനുവേണ്ടിവിടെ ബുദ്ധി എന്ന് പറയുന്നത് അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ് മുമ്പും വ്യക്തമാക്കിയിട്ടുള്ളതാണ് ആ ബുദ്ധി വേണം അപ്പം നമ്മൾ ബുദ്ധി ഇല്ലാത്ത ഒരാൾക്ക് ബുദ്ധി ഇല്ല ഉള്ള ഒരാളെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബുദ്ധി എന്ന് പറഞ്ഞാൽ ഈ ബുദ്ധിയാണ് ഗ്രഹണധാരണ പടുത്തു ആ ബുദ്ധിയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആത്മാ പ്രകടനത്തിൽ ആത്മാവിനെ പറയുന്ന സന്ദർഭത്തിൽ ബുദ്ധിക്ക് അങ്ങനെ ഒരർത്ഥം ഇല്ല അത് ശുദ്ധമായ നിഷ്കളങ്കമായ മാലിന്യങ്ങളില്ലാത്ത ആത്മാകാരമായ ബുദ്ധിയാണ് അതിന് ഈ പറയുന്ന മറ്റ് ബുദ്ധിയുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല ആ ബുദ്ധി വിഷയഗ്രഹണ സാമർഥ്യമുള്ള ബുദ്ധിയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഇവിടെ ഒരു വിഷയഗ്രഹണ സാമർഥ്യമുള്ള ബുദ്ധി ചിലപ്പോൾ ഇതിന് തടസ്സമായും വരാം ആത്മബോധത്തിന് തടസ്സമായി തന്നെ നീക്കാം അതുകൊണ്ട് അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടിയിട്ടാണല്ലോ ചിത്തശുദ്ധി എന്ന് പറയുന്നത് ചിത്തശുദ്ധി അതുകൊണ്ട് ജ്ഞാനപ്രാപ്തി എന്നാണ് പറയുന്നത് അപ്പൊ ചിത്തശുദ്ധി കൊണ്ടുണ്ടാകുന്ന ജ്ഞാനപ്രാപ്തി ആ ജ്ഞാനപ്രാപ്തി ആ ജ്ഞാനമാകുന്ന ബുദ്ധി അതിനാണ് ആത്മാകാര ബുദ്ധി മറ്റും പറയുന്നത് സാക്ഷാത്കാരം എന്ന് പറയുന്നത് അപരോക്ഷാനുഭൂതി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ബുദ്ധി ആ ബുദ്ധി കൊണ്ടിതിനെ ആ ബുദ്ധിയിലിത് അറിയപ്പെടുന്നു എന്നാണ് അതൊരിക്കലും നമ്മൾ സാധാരണ കരുതുന്ന ബുദ്ധി സാമർഥ്യമല്ല പഠിക്കുന്നതിനുള്ള സാമർഥ്യമോ ഓർമ്മിച്ചു വെക്കുന്നതിനുള്ള സാമർഥ്യമോ അല്ല ഇവിടെ അല്ലെങ്കിൽ വ്യവഹാരങ്ങൾ നടത്തുന്നതിനുള്ള സാമർഥ്യം കാര്യങ്ങൾ നടത്തുന്നതിനുള്ള ബുദ്ധിയുടെ കഴിവ് അതൊന്നും ഇവിടെ ബുദ്ധി സാമർഥ്യം അല്ല അതൊന്നുമില്ലാത്ത ഒരാളിനും ബുദ്ധിയുണ്ടാകാം ഇവിടെ പറയുന്ന ബുദ്ധിയുണ്ടാകാം ആത്മബോധം ഉണ്ടാകാം അങ്ങനെ പഠിക്കും മറ്റു തരത്തിലുള്ള സാമർഥ്യങ്ങളും ശേഷിയും ഒന്നും വേണമെന്നില്ല ഇവിടെ പറയുന്ന ആത്മബുദ്ധിക്ക് എന്നുള്ളത് അതുകൊണ്ടാണ് ജനറൽ ജന്മനാ തന്നെ അതുണ്ടാകുന്നത് ആ ജന്മ സിദ്ധന്മാരെന്ന് പറയുന്നത് മറ്റൊരുതരത്തിലുള്ള സാമർഥ്യമില്ലാതെ ബാഹ്യമായി ജഡന്മാരായി മന്ദബുദ്ധികളായി കാണപ്പെടുന്നവരും ആത്മബോധമുള്ളവരായി പല മഹാത്മാക്കളുടെയും ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ബാഹ്യമായവർ മൂഢന്മാരെ പോലെയോ മന്ദന്മാരെ പോലെയോ മന്ദബുദ്ധികളെപ്പോലെയെല്ലാം തോന്നിയിരിക്കും പക്ഷേ ആത്മബോധമുള്ളവരായി പിൽക്കാലത്ത് തെളിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള ബുദ്ധിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ബുദ്ധി വേണം ആ ബുദ്ധിയില്ലാത്തവർക്ക് സാധ്യമല്ല അത്തരമൊരു ബുദ്ധി ഇല്ലാത്തവർക്ക് ആത്മബുദ്ധി ആത്മസാക്ഷാത്കാര സാധ്യമല്ല ഒരിക്കലും ഗ്രന്ഥഗ്രഹണ സാമർഥ്യമല്ല വ്യാഖ്യാന സാമർഥ്യമല്ല ധാരണാ സാമർഥ്യമല്ല ഇതൊന്നുമല്ല അതിലിന് സംശയം മൂന്നാമത്തെ മന്ത്രം വായിക്കാം ഏന രൂപം രസം ഗന്ധം ശബ്ദൻസ്പർശ മൈഥുനേ തന്നെ പരിശിഷ്യമ സ്വപ്നം ജാഗരിതോഭൂനുപശ്യത്തി ത്മാനം മധീരോ നശോജതി യൈമം മധ്വതം വേദ ആത്മാനം ജീവമന്തികാ ഈശാനം ഭൂതഭവ്യ नततो विजगुप्सते ൈ തത് എപ്പൂർവ ത അഭ്യ പൂർവം അജാത ഗുഹം പ്രവിശ്യ തിഷന്തൂത്തെപ്പശ്യത ഏത या ംഭവതിർവതമയീ ഗുഹാ പ്രവിശ്യ തിഷന്തൂത്തെ ഏതത്വൈ തോർനി ജാതേദ ൈ ത